അതിനാൽ അവരുടെ സമ്പത്തോ മക്കളോ നിങ്ങളെ അത്ഭുതപ്പെടുത്തരുത് ഐഹിക ജീവിതത്തിൽ അവരിലൂടെ അവരെ ശിക്ഷിക്കാനും അവർ സത്യനിഷേധികളായിരിക്കെ തന്നെ അവരുടെ ആത്മാക്കൾ വിട്ടുപോകാതിരിക്കാനുമാണ് അള്ളാഹു സുബാനഹുവ ചാല ഉദ്ദേശിക്കുന്നത്